േകർമഹമേ <laughs> <coughs> सत्यानुरधे <Sess> मेरी कृत्या अनादिम उदरम् अक्तेन विवक्तयो धर्मो धर्मो नो इदिरे इतर अविवेगेना चंडाम् अन्यून्यस्मिन् अन्यन्यात्मगदाम अन्येन् धर्मांश च अक्स्यम् मूनावः मिथ्याज्ञाना निमित्तो न वालावद नैसर्गिको അഹമിതം മമേദമിതി ലോകവ്യവഹാരം എന്താണ് വിധ്നീകരണം ഇതിരേതൊരവിവേകം അധ്യാസം നമ്മുടെ അധ്യസ്യ മിഥ്യാജ്ഞാന നിമിത്താന്ന് പറഞ്ഞു എന്ന് പറയുന്നിടത്ത് അധ്യാസത്തെ കുറിച്ച് പറഞ്ഞു മിഥ്യാജ്ഞാനം എന്ന് പറയുന്നിടത്ത് അധ്യാസം തന്നെ പറഞ്ഞിരിക്കും ഞാൻ ആവർത്തിച്ചിരിക്കുകയാണ് അതിന് മിഥേ മിഥുനീകരണത്തെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ മിഥുനീകരണത്തെ വേറെ രീതിയിലും പറയും അതായത് അധ്യാസം എന്ന് പറയുന്ന ഭ്രാന്തി അതൊരു അനുഭവമാണ് അപ്പോ അവിടെ അനുഭവത്തിൽ സംഭവിക്കുന്ന എന്താണ് സത്യവും അനർഥവും ബുദ്ധിക്ക് വിഷയമാവുകയാണ് സത്യമാണ് ചിതാത്മാവ് അനൃത്ഥമാണ് ദേഹേന്ദ്രിയൊ ഒരു ബുദ്ധിക്ക് സത്യവും അന്നടത്തവും വിഷയമാകുന്നതാണ് മിഥുനീകരണമെന്ന് പറയും കാരണം ഇത് അനുഭവത്തെ ആശ്രയിച്ചാൽ നടക്കുന്നതല്ല അപ്പം ഭ്രമമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു അനുഭവമാണ് അപ്പം അവിടെ സംഭവിക്കുന്ന മിഥുനീകരണം എന്താണ് ഭ്രമത്തിൽ ഒരു ബുദ്ധിക്ക് രണ്ട് കാര്യങ്ങൾ വിഷയമാകും ഏത് സത്യവും അന്നടും മിഥുനീകരണത്തെ അങ്ങനെയും മനസ്സിലാക്കാം ഏതത് ഉക്തംഭവതി ഇതുവരെ പറഞ്ഞാൽ വിശദീകരിക്കുകയാണ് ഒരു ആരോപം എന്ന് പറഞ്ഞ രജുവിൽ സർപ്പത്തെ ആരോപിക്കും വേണാരോപം ോപം ഇപ്പൊ രജ്ജുവിൽ സർപ്പ അനുഭവം ഉണ്ടാകുന്നതുതന്നെ അപ്പൊ അങ്ങനെ ഒരു ആരോപം ഉണ്ടാവണമെങ്കിൽ സർപ്പത്തിന്റെ ആരോപുണ്ടാവണമെങ്കിൽ സർപ്പത്തിന്റെ അനുഭവം ഉണ്ടായിരിക്കും സർപ്പാനുഭവം ഒരാൾക്ക് രജ്ജുവിൽ സർപ്പഭ്രാന്തി ഉണ്ടാവത്തില്ല അതുകൂടെ പറയുന്നു അപ്രതീത ആരോപണ അയോഗ പ്രതീതിയില്ലാത്ത ഒന്നിന്റെ ആരോപണം സംഭവിക്കത്തില്ല മുൻ അനുഭവമില്ലാത്ത സർപ്പത്തെ രജുവിൽ ആരോപിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ആരോപ്യസ്യ പ്രതീതി ഉപയോഗിച്ചത് കൊണ്ട് എന്തിനാണോ ആരോപിക്കുന്നു സർപ്പത്തെ അതിന്റെ പ്രതീതി യുദ്ധം തന്നെയാണ് മുമ്പ് ആ പ്രതീതി ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞാൽ ശരിയാണ് പക്ഷെ അവിടെ ഒന്നുണ്ട് എന്താണ് എന്നാ വസ്തുസത്ത ആരോപ്യമായ സർപ്പം അത് സത്തായിരിക്കണമെന്നില്ല പരമാർത്ഥമായിരിക്കണമെന്നില്ല അതായത് ആരോപിക്കുന്ന ആ വസ്തു സർപ്പം പരമാർത്ഥമായാൽ അതിനെ ആരോപിക്കാവോ അങ്ങനെയല്ല കേവലം അതിന്റെ പ്രതീതി ഉണ്ടായാൽ മതി ആരോപിക്കാം അതെന്താ അങ്ങനെ പറയുന്നത് സാധാരണ ഒരാൾ പറയാം യഥാർത്ഥത്തിലുള്ള സർപ്പത്തെ കണ്ടിട്ടാണ് രജ്ജുവിൽ സർപ്പത്തെ ആരോപിക്കുന്നതെന്ന് പറയാം അതുപോലെയാണെങ്കിൽ ഇവിടെ പ്രപഞ്ചത്തെ ബ്രഹ്മത്തിൽ ആരോപിക്കുകയാണ് ഒന്നുമ്പെന്തു വേണം പരമാർത്ഥമായൊരു പ്രപഞ്ചത്തിന്റെ അനുഭവം വേണം അപ്പൊ പരമാർത്ഥമായൊരു പ്രപഞ്ചം ഉണ്ടെന്ന് വരും അതിനെ ഇത് ആരോപിച്ചതെന്ന് മുമ്പ് ഒരു പരമാർത്ഥ പ്രപഞ്ചമുണ്ടെന്ന് വരും അതിനാണിവിടെ സമാനം പറയുന്നത് ആരോപിക്കുന്നതിന് മുമ്പ് അനുഭവം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ ആരോപ്യമായ വസ്തു മുമ്പ് സത്യമായിരിക്കണമെന്നില്ല സത്യമായാലേ ആരോപിക്കാവുന്നില്ല രജ്ഞ സർപ്പത്തിന്റെ സ്ഥലത്ത് എന്താണ് അവിടെ ഭ്രാന്തിയില് പ്രാതിഭാസികമായ സർപ്പമാണ് അത് മുമ്പ് എന്താണ് വ്യാവഹാരികമായ ഒരു സർപ്പത്തിന്റെ അനുഭവം ഉണ്ടായി അങ്ങനെ പറയാം വ്യാവഹാരികമായ സർപ്പ അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ പ്രപഞ്ചാനുഭവം ഒരു ഭ്രാന്തിയാണെങ്കിൽ ആരോപിതമായ ഭ്രാന്തിയാണെങ്കിൽ ഇത് തന്നെ ഒരു ഭ്രാന്തിയാണെങ്കിൽ പിന്നെ വേറെ എവിടെയാ വേറെ പ്രപഞ്ചം അല്ലെങ്കിൽ ഇത് തന്നെ ഒരു ഭ്രാന്തിയാണെങ്കിൽ പിന്നെ പാരമാർത്ഥികമായ വേറെ പ്രപഞ്ചം എവിടെ മുമ്പൊരു അനുഭവം വേണമല്ലേ അതെന്താണ് അതും ഭ്രാന്തിയാണ് അതിനു മുമ്പള്ളത് എല്ലാം ഭ്രാന്തി അങ്ങനെ പറയൂടെ ചോദിക്കുന്നു പറയുന്നു ഇപ്പൊ ഈ അനുഭവപ്പെടുന്ന പ്രപഞ്ചം ഭ്രാന്തമാണെങ്കിൽ ഭ്രാന്തിയാണെങ്കിൽ ആരോപിതമാണെങ്കിൽ ഇതേ പ്രപഞ്ചത്തിന്റെ അനുഭവം തന്നെ മുമ്പ് ഉണ്ടായി അതും ആരോപിതം തന്നെയാണ് മുന്നുണ്ടായ ആരോപിത പ്രപഞ്ചത്തെ തന്നെയാണ് ഇവിടെ വീണ്ടും ആരോപിച്ചത് പിന്നെ മുമ്പ് അങ്ങനെ ഒരു ആരോപിത പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടായി ഇപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പ്രളയത്തിന് മുമ്പ് എന്ത് ഒരു പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടായത് ആരോപിതമാണ് സത്യ പരമാർത്ഥ പ്രപഞ്ചമല്ല അതിന് ഇപ്പൊ എന്ത് ചെയ്യുന്നു ആരോപിക്കുന്നു അനുഭവത്തിൽ നിന്ന് സംസ്കാരം ഉണ്ടായി സംസ്കാരം കൊണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നു ഇവിടെ അനുഭവം ഉണ്ടാകും മുമ്പ് ഉണ്ടായ ഈ പ്രളയത്തിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രപഞ്ചാനുഭവം മിഥ്യാജ്ഞാനം തന്നെ ഇതാണ് സിദ്ധാന്തം പറഞ്ഞു വരുന്നത് അമ്പ് ഒരു സത്യമായ പ്രപഞ്ചത്തിന്റെ അനുഭവം ഉണ്ടായി ഇവിടെ രജിസർപ്പത്തിന്റെ കാര്യത്തിൽ ശരിയാണ് അവിടെ വ്യാവഹാരികമായ സത്യത്വമുള്ള ഒരു സർപ്പത്തിന്റെ അനുഭവം ഉണ്ടായിട്ട് പ്രാതിഭാസികമായ സർപ്പത്തെ ആരോപിക്കും പ്രപഞ്ചത്തെ സംബന്ധിച്ചിപ്പോഴും ഇത് അസത്യമാണ് നടന്ന പ്രളയത്തിനൊന്നും പോയിതെന്താണ് അസത്യമാണ് പറയുന്ന അനുഭവപ്പെട്ട ഒന്നിനെ മാത്രമേ ആരോപിക്കാൻ പറ്റൂ ആരോപ്യസ്യ പ്രതീതി അനുഭവിക്കരുത് അതുകൊണ്ട് ആരോപിക്കുന്ന ഒന്നിന്റെ പ്രതീതി മുമ്പുണ്ടായിരുന്നു പക്ഷെ അത് പരമാർത്ഥമായിരിക്കുന്നു ഇവിടെ ചോദ്യം സാധ്യത വരുന്ന ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് എത്തിച്ചതെന്ന് പറയുമ്പോൾ ആരോപ്യ പ്രതിയതോ സത്യം പൂർവ്വദിഷ്ട സമാരോപ സമാരോപനിബന്ധനാജ പ്രതീതി ദുർവാരം പരസ്പരാശ്രയത്തും ഇവിടെ പരസ്പരാശ്രയ ദോഷം വരും എന്ന് പറയുന്നത് ഇപ്പോ ഈ പ്രപഞ്ചത്തിന്റെ ഈ ആരോപം എതിരാരോപമാണ് ഭ്രാന്തിയായതുകൊണ്ട് അതിന് പൂർവപ്രതീതി പൂർവം പ്രപഞ്ചത്തിന്റെ പ്രതീതി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പ്രതീതിക്കും കാരണമായിട്ട് എന്ത് വേണം എന്തുവേണം ആരോപം വേണം കാരണം ഒരു പ്രതീതി അതിൽ നിന്ന് സംസ്കാരം ഉണ്ടായിട്ടാണ് ആരോപിക്കുന്നത് അപ്പൊ ആരോപണം വേണമെങ്കിൽ വേണം പ്രതീതി വേണം അപ്രതീതി എങ്ങനെ ഉണ്ടാവും ആരോപിച്ചാലേ ഉണ്ടാവും സാറിന് ചോദിക്കുന്ന ചോദ്യം പോലെയാണ് തേങ്ങക്ക് കാരണം തെങ്ങാണ് തെങ്ങിൽ നിന്നേ തേങ്ങ ഉണ്ടാകത്തും അപ്പൊ തെങ്ങിന് കാരണം എന്താണ് തേങ്ങ അപ്പൊ തേങ്ങ കൂടാതെ തെങ്ങ് ശ്രദ്ധിക്കത്തില്ല തെങ്ങ് ശ്രദ്ധിക്കാതെ തേങ്ങ ശ്രദ്ധിക്കത്തില്ല അപ്പൊ അവിടെ ചോദിക്കും ആദ്യം എന്താ സംഭവിച്ചത് തെങ്ങാണോ ചോദിച്ചപ്പറിയത് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് തെങ്ങ് സംഭവിക്കണമെങ്കിൽ എന്ത് വേണം തേങ്ങ വേണം അപ്പോൾ പിന്നെ ആദ്യം തേങ്ങയാണോ സംഭവിച്ചത് അതും പറ്റില്ല എന്തുകൊണ്ട് തെങ്ങുണ്ടായാലേ തേങ്ങ ഉണ്ടാവണം പിന്നെ നന്യുന്യ ആശ്രയദോഷമെന്ന് പറയും പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണോ നിങ്ങൾ ഒരു ആദ്യത്തെ തെങ്ങ് ആ തെങ്ങിൽ നിന്ന് തേങ്ങ എന്ന് പറയും അല്ലെങ്കിൽ ആദ്യത്തെ ഒരു തേങ്ങ എടുത്ത് വെച്ചിട്ടേക്ക് തേങ്ങയിൽ നിന്ന് തെങ്ങ് എന്ന് പറയുന്നതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ കുഴപ്പമാണ് ഇതെന്താണ് ഇത് ഇപ്പം എന്താണോ നിങ്ങളുടെ മുമ്പുള്ളത് അവിടെയൊന്ന് പിറകിലോട്ട് പോണം ഇപ്പം നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന തെങ്ങാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ എന്തുണ്ടായിരുന്നു തേങ്ങ അനൂപനുണ്ടായിരുന്നു തെങ്ങും അനൂപന എന്തായിരുന്നു തേങ്ങ അനൂപന എന്തായിരുന്നു തെങ്ങ് ഇങ്ങനെ പോയി കഴിഞ്ഞത് അനാദിയാണ് അപ്പൊ തുടക്കം ഉണ്ടെങ്കിൽ അന്യോന്യാസരദോഷം വരും തുടക്കമില്ലെങ്കിൽ അന്യവിന്യാസിലെ ദോഷമില്ല കഴിഞ്ഞ തെങ്ങ് ഈ തേങ്ങയ്ക്ക് കാരണം ഈ തേങ്ങ ഇനി വരാൻ പോകുന്ന തെങ്ങിന് കാരണം അപ്പൊ ഇത് അനാദിയായി സഞ്ചരിക്കുന്നുണ്ടെന്താണ് അന്യോന്യാസരദോഷം ഇല്ല അല്ല തെങ്ങിനോ തേങ്ങക്കോ ഒരു ആരംഭം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അന്യോന്യാസരദോഷം വരും കാരണം ആദ്യം തെങ്ങെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ തെങ്ങിന് കാരണമുണ്ട് തേങ്ങ എന്ന് പറയുമോ അപ്പൊ തെങ്ങാദ്യമല്ല ആദ്യം തേങ്ങ എന്ന് പറഞ്ഞാൽ അതിനോ കാരണമുണ്ട് തെങ്ങ് തേങ്ങ ആദ്യമല്ല ഈ പ്രശ്നം വരും അപ്പൊ ഇങ്ങനെ വരുന്നിടത്തെല്ലാം അദ്വേശീകരിച്ചിരിക്കുന്ന എന്താണ് അനാദിയാണ് എന്നുവെച്ചാൽ ഇവിടെ നിന്ന് പിറകിലോട്ട് ചിന്തിക്കണം ഇപ്പം നിങ്ങളുടെ മുമ്പിൽ തെങ്ങാണ് ഇരിക്കുന്നതെങ്കിൽ അതിന് തേങ്ങ അതിന് മുമ്പിൽ തെങ്ങ് അന് മുമ്പിൽ തേങ്ങ അതിൻ്റെ മുമ്പിൽ തെങ് പോകും തുടക്കം നമുക്കറിഞ്ഞ് അറിയത്തില്ല എന്ന് ചുരുക്കം ഇത് സ്വീകരിക്കേണ്ടി അങ്ങനെ സ്വീകരിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം അന്യോന്യാശ്രയത്തെ ഒഴിവാക്കാം ഇപ്പൊ പറയണ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആരോപിതമാണ് ആരോപിതമാണെങ്കിൽ അതിനെന്താ പൂർവകൽപ്പത്തിലെ പ്രപഞ്ചപ്രതീതി അതിന് സംസ്കാരം ഉണ്ടായി സംസ്കാരം കൊണ്ട് ഇപ്പം ആരോപിതമായി അപ്പൊ പൂർവ്വ കല്പത്തിലെ പ്രപഞ്ചപ്രതീതി അത് ആരോപിതമാണ് അതെങ്ങനെ ആരോപിക്കാൻ പറ്റും അതിന്റെ മുമ്പിലുള്ള പ്രപഞ്ച പ്രതീതി അതിൽ നിന്ന് അടുത്തത് ആരോപിതമായ അപ്പോ ആ പ്രതീതി എങ്ങനെയുണ്ടായ അതിന്റെ അമ്പലത്തെ പ്രപഞ്ചത്തിന്റെ പ്രതീതി നിന്ന് അപ്പോ പൂർവ ആരോപം ഇപ്പൊ പൂർവം പ്രതീതി ഇപ്പോൾ ആരോപം ആ പൂർവ ആരോപെന്ന് പറയുന്നത് പിന്നിൽ മറ്റൊരു പ്രതീതി ഉണ്ടാകുന്ന അതിന്റെ പിന്നിൽ മറ്റൊരു പ്രതീതി അങ്ങനെ അങ്ങനെ പോകുമ്പോൾ എന്തൊരു തുടക്കമില്ല എന്നുള്ളതാണ് അത് തുടക്കം പറഞ്ഞാൽ പ്രശ്നമാകും ആദ്യം തേങ്ങയാണോ ആദ്യം തെങ്ങാണോ എന്ന് ഇതിനൊരു തുടക്കം ഇല്ലെന്ന് പിന്നെ ആദ്യവേദം എന്നുള്ള ചോദ്യം കുതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആദ്യവേദം ചോദ്യം ഒഴിവാക്കാനാണ് അനാദി എന്ന് പറയുന്നത് അതുകൊണ്ടിപ്പോഴത്തെ ഈ അത് പൂർവ പ്രതീതിയിൽ നിന്നുണ്ടാക്കുന്നത് ആരോപ്യോ സത്യം ആരോപ്യമായ ഈ പ്രപഞ്ചം പ്രതീതു സത്യം പൂർവദിഷ്ട സമാരോപുമ്പ് കഴിഞ്ഞ സർഗത്തിലെ പ്രതീതി ഉള്ളത് കൊണ്ട് പൂർവദിഷ്ടസ്യ മുമ്പ് കണ്ടതിന് സമാരോപ ഇപ്പോ ആരോപിക്കുന്നു അപ്പൊ പ്രതീതി എന്ന് പറയുന്നത് പൂർവസർഗത്തിലാണ് പൂർവ്വദിഷ്ടത്തിന്റെ സമാരോപണിപ്പോൾ കാണുന്ന പ്രവചിച്ച സമാരോപനിബന്ധനാജ പ്രതീതി എന്ന് വരുമ്പോൾ ഈ സമാരോപം കൊണ്ടാണല്ലോ പ്രതീതി വരുന്നത് ആ സമാരോപം സംഭവിച്ചു അതിന് അനാദിയിലെ അനാദിയിലേക്ക് പോകണമെന്നാണ് ആരോപമുണ്ടായാലേ എന്തുവരും പ്രതീതി ഉണ്ടാവത്തുള്ളൂ പ്രതീതി ഉണ്ടായാലേ എന്തോ ദുർവാരം പരസ്പരാശ്രയത്വം അനാദി സ്വീകരിച്ചില്ലെങ്കിൽ ദുർവാരം ഒഴിവാക്കാൻ കഴിയാത്തണെന്ത് അന്യോന്യാശ്രയത്വം അതാണ് പരസ്പരാശ്രയത്വം ദോഷത്തെ കാണിക്കുകയാണ് ഇത്യഹ അതുകൊണ്ട് ഭാഷ്യത്തിലെന്ത് പറഞ്ഞു നൈസർഗികം ലോകവ്യവഹാരണം അതാണ് ഇത്യത നൈസർഗികം നൈസർഗികം എന്ന് വെച്ചാൽ സ്വാഭാവികം സ്വാഭാവികം എന്ന് വെച്ചാൽ അനാദി മൂന്നു വരെ അർത്ഥമാണ് നൈസർഗികം എന്ന് പറഞ്ഞാൽ സ്വാഭാവികം സ്വാഭാവികം എന്ന് പറഞ്ഞാൽ അനാദിഅ്യവഹാരുന്നു ഈ വ്യവഹാരം എന്ന് പറയുന്നത് എന്ത് കൊണ്ടുവരുന്ന വ്യവഹാരം ഇപ്പോ അധ്യാസം കൊണ്ട് വ്യവഹാരങ്ങൾ സംഭവിക്കുന്നു ഈ വ്യവഹാരത്തിൽ നിന്ന് സംസ്കാരം ഉണ്ടാകുന്നു സംസ്കാരം ഉണ്ടായിട്ട് അടുത്ത സർഗത്തിൽ വീണ്ടും എന്ത് വരുന്നു വ്യവഹാരം ഉണ്ടാകുന്നു സംസ്കാരം ഉണ്ടാകുന്നു വീണ്ടും വ്യവഹാരം ഉണ്ടാകുന്നു അങ്ങനെ പോകുന്നു പ്രപഞ്ചത്തെ സംബന്ധിച്ച് ശരീരത്തെ സംബന്ധിച്ചാണെങ്കിൽ ശരീരം അധ്യാരോപിതമായി അതുകൊണ്ട് വ്യവഹാരം നടക്കുന്നു വ്യവഹാരത്തിൽ നിന്ന് സംസ്കാരം ഉണ്ടാകുന്നു വീണ്ടും അടുത്ത ജന്മത്തിൽ അധ്യാരൂപം നടക്കുന്നു വ്യവഹാരം നടക്കുന്നു അനാദിയായി സംഭവിച്ചുകൊണ്ടിരിക്കയാണ് വ്യവഹാര അനാദിതയാ തത് കാരണസ്യപ്പി അധ്യാസ്യ അനാദിത ഈ കാര്യങ്ങളാണ് ഈ വ്യവഹാരം എന്ന് പറയുന്നത് അനാദിയായി നടക്കുന്നു അതുകൊണ്ട് തന്നെ എന്താണ് ആ വ്യവഹാരത്തിന്റെ കാരണമായ അഭ്യാസവും അനാദിയാണ് അതാണ് വ്യവഹാര അനാദിതയാ വ്യവഹാരം അനാദിയായതുകൊണ്ട് തത് കാരണസ്യാദിത അതിന് കാരണമായിരിക്കുന്ന അധ്യാസവും അനാദിയാണ് ഭാഷത്തിൽ പറഞ്ഞ നൈസർഗികം വ്യവഹാരം നൈസർഗികമാണ് അനാദി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടും വ്യവഹാര കാരണമായിരിക്കുന്ന അധ്യാസവും അനാദിയാണ് അതാണ് ഈ പറയുന്നത് ായത് കൊണ്ട്ത അതിന് കാരണമായിരുന്ന അധ്യാസവും പറഞ്ഞു കഴിഞ്ഞു തതച്ച പൂർവപൂർവ്വ മിഥ്യജ്ഞാനോപദർശിത ശരീരാദോത്തരോപയോഗ അനാദിത്വ ബീജാങ്കുരവ എന്ന പരസ്പരാശ്രയത്വം ഇത് അർത്ഥ ബീജാങ്കുരത്തിൽ പരസ്പര ആശ്രയത്വം വരും എന്താണോ ആദ്യം ഏത് ബീജമാണോ അതും അങ്കുരമാണോ ആദ്യം തേങ്ങയാണോ ആദ്യം തെങ്ങാണോ എന്ന് ചോദിച്ചാൽ എന്തൊരു അന്യന്യാശ്രയത്വം വരുമാനം ഒഴിവാക്കണമെങ്കിൽ രണ്ടിനെയും പ്രവാഹ അനാദിത്വത്ത സ്വീകരിക്കുന്നു ബീജ അങ്കുരങ്ങളുടെ പ്രവാഹം അനാദിയാണ് അപ്പൊ തുടക്കമില്ലാത്തത് കൊണ്ട് ഏതാണ് ആദ്യം എന്നുള്ള ചോദ്യ ചോദിക്കുന്നുണ്ട് തതശ്ചൂർവൂർവിഥ്യാജ്ഞാന ഉപദർശിത ബുദ്ധി ഇന്ദ്രിയ ശരീരാദേഹി ഇപ്പോ ബുദ്ധി ഇന്ദ്രിയ ശരീരാദികളെല്ലാം ഉണ്ട് ഇതെല്ലാം ആരോപിക്കപ്പെട്ടിരിക്കുകയാണ് എന്തുകൊണ്ട് പൂർവ്വ മിഥ്യാജ്ഞാനം അതിന്റെ സംസ്കാരം കൊണ്ട് ഇപ്പൊ ആരോപിച്ചു ഇതല്ല അപ്പൊ ഇത് ആരോപിക്കുക മിഥ്യാജ്ഞാനാണ് ഈ മിഥ്യാജ്ഞാനത്തിന് സംസ്കാരം ഉണ്ടായിട്ട് അടുത്ത ജന്മത്തിലും ഇത് ആവർത്തിക്കും അതിങ്ങനെ പോകും മുന്നിലോട്ടും പോകും പിറകിലോട്ടും പോകും തീർച്ച പൂർവ്വ മിഥ്യാജ്ഞാന ഉപദർശിത മിഥ്യാജ്ഞാനം കൊണ്ട് ഉപദ്രത എന്ന് വെച്ചാൽ ആരോപിക്കപ്പെട്ട എന്തൊക്കെ ബുദ്ധി ഇന്ദ്രിയ ശരീരാ ബുദ്ധി ഇന്ദ്രിയം ശരീരം എല്ലാം എന്താണ് മിഥ്യാജ്ഞാനം കൊണ്ട് എന്താണ് ആരോപിക്കപ്പെട്ട ഉത്തരോത്തര അധ്യാസ ഉപയോഗം ഇതെല്ലാം എന്താണ് ഇനി വരാൻ പോകുന്ന അധ്യാസത്തിന് ഇത് ഉപയോഗമാവും ഇങ്ങനെ ചിന്തിച്ചാൽ എന്താണ് ഈ ആരോപത്തിന് പൂർവാധ്യാസം ആ ആരോപത്തിന് പൂർവാധ്യാസം ഇങ്ങനെ ധനാദി ആയതുകൊണ്ട് ബീജാങ്കുരവത് നരസ്പരാശ്രയത്വം ബീജാങ്കുരത്തെ പോലെ എന്താണ് പരസ്പരാശ്രയത്വം അതുകൊണ്ട് ഇവിടെ അന്യോന്യാചുല ദോഷം ഇല്ല അനാദിത്തം അവിടെ സ്വീകരിക്കുന്ന അവിടെ അന്യോന്യാച്ചുറൽ അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ഭാഷത്തിൽ പറഞ്ഞിരിക്കുന്നത് മിഥ്യാജ്ഞാന നിമിത്ത സത്യാനുദയ മിഥിനീകൃത്ത അഹമിതം അമേതമിതി നൈസർഗികോയം ലോകവ്യവഹാര നിമിത്തം അതിനൊന്നുമ്പോ ഒരു കാര്യം വന്നു അത് വ്യവഹാരത്തോട് അന്വേഷിക്കുന്നു അപ്പോ എന്താണ് മിഥ്യാജ്ഞാന നിമിത്ത എന്നാണ് അധ്യസ്യ മിഥ്യാജ്ഞാന നിമിത്ത എന്ന് വെച്ചാൽ അധ്യസിച്ചിട്ട് അധ്യാസം എന്ന് പറയുന്നത് മിഥ്യാജ്ഞാനം തന്നെ ഭ്രാന്തിയാണ് രണ്ടൂന്നേ മിഥ്യാജ്ഞാന നിമിത്ത മിഥ്യാജ്ഞാന നിമിത്തമായിട്ടാണ് നിമിത്തമായിട്ടാണ് അല്ലെങ്കിൽ ഭ്രാന്തി നിമിത്തമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് ഇതു പറഞ്ഞെന്താ കേട്ടോ സംഭവിക്ക മിഥ്യാജ്ഞാന നിമിത്തം അല്ലെങ്കിൽ അധ്യാസ നിമിത്തമാണ് വ്യവഹാരം അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് എന്താ കേൾക്കുന്നത് അതാണ് ഭാവധികാരന്റെ വ്യാഖ്യാനം മിഥ്യാജ്ഞാന അധ്യസ്യ മിഥ്യാജ്ഞാന നിമിത്ത വ്യവഹാരം ഇതാണ് ഭാവധികാരന്റെ അന്വയവർത്ഥം അസമയം പത്മപാതാചാര്യൻ അങ്ങനെയല്ല പറയുന്നത് അതെ മിഥ്യ അവിടെ ഒരു അകാരം പ്രശ്നേഷൻ ചെയ്തിട്ട് മിഥ്യ അജ്ഞാനം എന്ന് വിരിക്കുന്നു അപ്പൊ മിഥ്യ അജ്ഞാനം നിമിത്തമായി നിമിത്തം യെസ്ആാന്ന് വിഗ്രഹിക്കുന്നു മിഥ്യ അജ്ഞാനം നിമിത്തം നിമിത്തത്തിനുപാദാനം എന്നർത്ഥം പറയുന്നു നിമിത്തം എന്ന് വെച്ചാൽ ഉപാദാനം പത്മവതാചാര്യ പഞ്ചപാതിക അനുസരിച്ച് എന്താണ് മിഥ്യാജ്ഞാനം നിമിത്തം എന്ന് വെച്ചാൽ ഉപാദാനം എസ് അങ്ങനെ വരുമ്പോ അവിടെ മിഥ്യാജ്ഞാനത്തിന് എന്താണ് അനുവചനീയമായ അവിദ്യ എന്നർത്ഥം പറയുന്നു ഭ്രാന്തി എന്നല്ല അണുലജനീയമായ ആ അവിദ്യ നിമിത്തം എന്ന് വെച്ചർത്ഥ ഉപാദാനം അപ്പൊ അനുവചനീയമായ അവിദ്യ ഉപാദാനമായി എന്ത് സംഭവിക്കുന്നു എന്നാണ് അവിടെ മിഥ്യ അജ്ഞാനത്തിന് അനുവചനീയമായ അവിദ്യ എന്നർത്ഥം പറയും പത്മാര്യ അത് നിമിത്തം എന്ന് വെച്ചാൽ അവിടെ ഉപാധാനവും അർത്ഥം ഭാമതികാരൻ അങ്ങനെയല്ല മിഥ്യാജ്ഞാനം എന്ന് വെച്ചാൽ ഭ്രാന്തി അത് നിമിത്തമായിട്ട് എന്ത് സംഭവിക്കുന്നു വ്യവഹാരം എന്നതാണ് രണ്ടെന്നുമില്ല വ്യത്യാസം അനുവജനീയ അവിദ്യ രണ്ടുപേർ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഭാമതികാരൻ മിഥ്യാജ്ഞാനത്തിന് അനുവജനീയ അവിദ്യ എന്നർത്ഥം പറയുന്നില്ല അവിടെ മിഥ്യാജ്ഞാനത്തിന് ഭ്രാന്തി എന്ന് തന്നെ പറയുന്നു വ്യത്യാസം സാധേത് വീണ്ടും ചോദിക്കുന്നു അദ്ധ എന്നുവച്ച നമ്മ പറഞ്ഞതിന് അർദ്ധ സ്വീകാരത്തിനാണ് അർദ്ധ അംഗീകാരത്തിനാണ് അദ്ധ എന്ന് പറയുന്നത് അമ്പിയ ശരി നിങ്ങൾ പറഞ്ഞാൽ അംഗീകരിക്കാം എന്ന് പറയുമ്പോൾ പൂർവ്വപ്രതീതി മാത്രം ഉപയോഗിച്ചതേ ആരോപേ നതു പ്രതീയ മനസ്യ പരമാർത്ഥസത്തു ഞങ്ങൾ സ്വീകരിക്കാം ഒന്നിനെ ആരോപിക്കുന്നതിന് അതിന്റെ പൂർവപ്രതീതി മതി അത് മുമ്പ് സത്യമായിരിക്കണമെന്നില്ല എന്നാണല്ലോ പറഞ്ഞത് ഈ പ്രപഞ്ചം ഇങ്ങനെ അനുഭവപ്പെടുന്നതിന് പൂർവസർഗത്തിൽ പ്രപഞ്ചത്തിന്റെ പ്രതീതി ഉണ്ടായാൽ മതി സത്യമായിരിക്കണമെന്ന് ഇല്ല എന്നാണ് സിദ്ധാന്തം പറഞ്ഞാൽ പൂർവക്ഷി പറയുന്നത് ശരി പൂർവ്വക്ഷിയാണ് ഞങ്ങൾ അംഗീകരിക്കാം അതാണ് പൂർവ്വപ്രതീതി മാത്രം ഉപയോഗിച്ചതേ ആരോപേ ആരോപ്യത്തിൽ എന്താണ് പൂർവപ്രതീതി മാത്രം ആണ് ഉപയോഗം വരുന്നത് പിന്നെ അത് പ്രതീയ എന്താണോ അനുഭവപ്പെടുന്നത് മുമ്പ് അതിന് അത് പരമാർത്ഥ സത്യായിരിക്കണമെന്നില്ല അപ്പോ മുമ്പ് ആരോപിതമായിരിക്കുന്ന പ്രപഞ്ചം മുമ്പ് പ്രതീതമായി അതുകൊണ്ട് ഇപ്പോഴും ഒന്ന് വരുന്നു പ്രപഞ്ചം ആരോപിതമാകുന്നു അങ്ങനെ പ്രപഞ്ചം പ്രതീതമാകുന്നു ഇത് ഞങ്ങൾ സ്വീകരിക്കാം എന്നാണ് അപ്പോ എന്തെങ്കിലും ഒന്നിനെ ആരോപിക്കുന്നതിന് അത് മുമ്പ് അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ അല്ലാതെ അത് സത്തയായിരിക്കണമെന്നും ഇല്ല അതാണ് ഇവിടെ പറയുന്നതിന്റെ ചുരുക്കം അതാണ് അധാ പൂർവ്വപ്രതീതി മാത്രം ഉപയോഗിച്ചതേ ആരോപയെ ആരോപത്തിൽ പൂർവപ്രതീതി മാത്രമേ ആവശ്യമുള്ളൂ അതും പ്രതിയെ മാനസിക പരമാർത്ഥസത്ത അനുഭവപ്പെടുന്നത് പരമാർത്ഥ സത്യമായിരിക്കണമെന്നില്ല അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം എന്താണ് പ്രതീതിരേവതുപദ്ധ്യത പ്രതീതി എന്ന് പറഞ്ഞാലും ഈ ദേഹേന്ദ്രിയാദികൾ മുമ്പ് പ്രതീതമായിരുന്നു ഇപ്പൊ ആരോപിക്കപ്പെട്ടു ഇപ്പോഴും ഇത് പ്രതീതിയാണ് അങ്ങനെ മുമ്പ് ഇതിന്റെ പ്രതീതി ഉണ്ടായിരുന്നു പറഞ്ഞാലും ഇപ്പൊ നിങ്ങൾ എന്താ ഇതിനെ കുറിച്ച് പറയുന്നത് ഇത് മിഥ്യാണെന്നാണ് പൊറുപക്ഷറുന്നത് മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താണ് അസത്യം എന്നാർത്ഥം ഇത് അസത്യമാണ് ഏതുപോലെ ആകാശകുസുമ്പോലെ ആകാശകുസവം പോലെ ഇത് അസത്യമാണെങ്കിൽ ഇതിന്റെ പ്രതീതി എങ്ങനെ ഉണ്ടാകും അപ്പൊ ഇവിടെ ഭ്രമം എന്നുള്ളതിനുപൂർവക്ഷ അർത്ഥം പറയുന്നത് എന്താണോ അസത് എന്നാണ് ആകാശകുസവം പോലെ അസത്താണ് അങ്ങനെയാണെങ്കിൽ ആകാശകുസവത്തിന്റെ പ്രതീതി ഉണ്ടാകുന്നില്ല ഇതിന്റെയും പ്രതീതി ഉണ്ടാകത്തില്ല ഇതാണ് ദോഷമായിട്ട് പറയുന്നത് പറയുന്നു പ്രതീതിരേവത്യന്ത അസദോ ഗമലിനി കല്പസ്യ ഗഗന കമലിനി ആകാശുസ്മ കൽപ്യ അനുതുല്യമായദികൾക്ക് അത് അത്യന്തസ അത്യന്ത അസത്തായ ഉണ്ട് പ്രതീതിരേവ എന്ന ഉപയോഗിച്ചത് അതിന്റെ പ്രതീതി ഉണ്ടാകത്തില്ല ആകാശഭുസ്മത്തിന്റെ പ്രതീതിയുണ്ടോ ഈ ദേഹാന്ത്രിവാദികൾ ഭ്രാന്തമാണ് ഭ്രാന്തി വിഷയമാണ് അല്ലെങ്കിൽ അത് ഭ്രാന്തമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദേഹേന്ദ്രിയാദികളുടെ പ്രതീതി ഉണ്ടാകത്തില്ല അത് അസത്താണ് പ്രതീതി ഉണ്ടാകത്തില്ല എന്നറി അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ആകാശകുസുമവും അനുഭവപ്പെടുന്നുവെന്ന് പറയേണ്ടി വരും ആകാശകുസുമത്തിൻ്റെ അനുഭവം ഉണ്ടാവും എന്തുകൊണ്ടാണ് അത് അത്യന്തസത്താണ് അപ്പം ദേഹേന്ദ്രിയദികളൊക്കെ എന്താണ് അത്യന്ത അസത്ത അസത്താണ് അപ്പം അതിൻ്റെ പ്രതീതി ഉണ്ടാകത്തില്ല ഏതുപോലെ ആകാശകുസുമ പോലെ ഇതാണ് പക്ഷി പറയുന്നത് എന്തുകൊണ്ടെന്നാണ് പറഞ്ഞു പറഞ്ഞു ഒരു വസ്തു മുമ്പ് പ്രതീതമായ മതി അസത്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ ആകാശ ഉസ്മം എന്ന് പറയുന്നത് ആ ശബ്ദം കേൾക്കുമ്പോൾ ഞാനോണ്ടാവും ആകാശ ഉസമെന്ന് കേൾക്കുമ്പോൾ ഞാനോ ഉണ്ടാവും അത്രേയുള്ളൂ പ്രതീക ആ വസ്തുവിന്റെ പ്രതീതി ഉണ്ടാകത്തില്ല അതുപോലെ പ്രപഞ്ചത്തിന്റെയും പ്രതീതി ഉണ്ടാകത്തില്ല എന്തുകൊണ്ട് ഇതും അത്യന്തസ്സത്താണ് ഇതും ആകാശവിസമം എന്നാണ് പ്രതീതിരേവ അത്യന്തസത്തോ അത്യന്തസത്തായ ഗഗനകമലിനീകൽപ്പസ്യ ആകാശ കുസുവും പോലെയുള്ള ദേഹേന്ദ്രിയദികളുടെ പ്രതീതി രേവനോപദ്ധ്യത അത് യോജിക്കുന്ന അല്ല അതുകൊണ്ട് കേവലം പ്രതീതി കൊണ്ട് ആരോപുണ്ടാകാന്ന് പറയുന്നത് ശരിയല്ല കേവലം പ്രതീതിയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്താ സംഭവിക്കുന്നത് അത് അത്യന്ത അസത്താണെന്ന് വന്നു കഴിഞ്ഞാൽ ആ പ്രതീതിയെ സംഭവിക്കത്തിൽ ഏതുപോലെ ആകാശ സുഹൃത്തു ഇതോടെ